നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് എന്ന സബ്ജക്റ്റിൽ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മൂന്ന് ശക്തികൾ മാതാ പിത ഗുരു എന്നീ സങ്കല്പങ്ങൾ എങ്ങനെയാണ് നവഗ്രഹങ്ങളെ കൺസെപ്റ്റിലേക്ക് വരുന്നത് നവഗ്രഹങ്ങളിലെ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങൾ ഈ പറഞ്ഞ മൂന്ന് ശക്തികളുടെ പ്രതീകങ്ങളാണ് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് മാതാവായിട്ട് ചന്ദ്രനും പിതാവായിട്ട് സൂര്യനും ഗുരുവായിട്ട് വ്യാഴവും അത് മുഴുവൻ നിറഞ്ഞു അച്ഛൻ എന്ന സങ്കല്പം അമ്മ എന്ന സങ്കല്പം ഗുരു എന്ന സങ്കല്പം ഇനി നമ്മൾ അടുത്ത ഗ്രഹമായിട്ടുള്ള ബുധനിലേക്ക് പോവുകയാണ് ബുധൻ ബുധനെ നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് മറ്റു ചില കാര്യങ്ങളും കൂടി സംസാരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രഹം എന്ന് പറഞ്ഞാൽ കേവലം ഗോളങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ശക്തികളുടെ നിരവധി ശക്തികളുടെ പ്രതീകങ്ങളാണ് ഈ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസമൊക്കെ അച്ഛനും അമ്മയും ഗുരുവൊക്കെ അങ്ങനെ വന്നതാണ് അച്ഛൻ അമ്മ ഗുരു ഇവർ മൂന്ന് പേരും നമ്മുടെ സ്വാധീനത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നവനാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് കുട്ടികൾ നമുക്കറിയാം കുട്ടികൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഒരു തലമുറ ജീവിക്കണത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു തലമുറ ജീവിക്കണത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും അധ്വാനിക്കുന്നതും ഓരോരോ ജോലികൾ ചെയ്യണതും റിസ്ക് എടുക്കുന്നതും ബുദ്ധിമുട്ടണതും കഷ്ടപ്പെടുന്നതൊക്കെ പൂർണ്ണമായും നമുക്ക് വേണ്ടിയിട്ടാണോ അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത തലമുറയെ ഉദ്ദേശിച്ചിട്ടാണ് അതായത് കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് കുട്ടികൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനമുണ്ട് കുട്ടികൾ ചെറിയ കുട്ടികളെ നമ്മൾ ഈശ്വര തുല്യരായിട്ട് തന്നെയാണ് കാണുന്നത് കുട്ടികൾ ഈശ്വരന്മാരാണ് ഇപ്പോൾ ഒരു കുട്ടി വികൃതി കാണിച്ചാലോ കുട്ടി എന്തെങ്കിലും പറഞ്ഞാലോ നമുക്ക് ആ കുട്ടിയോട് ഒരിക്കലും ഒരു ദേഷ്യം തോന്നില്ല ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയെ നമ്മളെടുത്തു ആ കുട്ടി നമ്മുടെ മേലെ മൂത്രവെച്ചു ഒരിക്കലും നമുക്ക് ആ കുട്ടിയോട് വെറുപ്പ് തോന്നില്ല മാത്രമല്ല തമാശയായിട്ട് അതിനെ തള്ളിക്കളയുകയും ചെയ്യും പറയുകയും ചെയ്യും ഓ അമ്മാവൻ്റെ മേലും മൂത്ര ഒഴിച്ചു എന്നൊക്കെ പറയുകയും ചെയ്യും കാരണം അത് കുട്ടിയാണ് നിഷ്കളങ്കനാണ് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ എന്തു ചെയ്താലും നമ്മളതിനെ വളരെ വാത്സല്യത്തോടു കരുണയോടുകൂടിയും ആ ഒരു സംഭവത്തിനെ നമ്മൾ കാണുന്നുണ്ട് കുട്ടികളെ അത്രമേൽ ലോകം മുഴുവനുള്ളൊരു ഒരു ഒരു വികാരമാണ് ലോകം മുഴുവൻ എവിടെ ഏത് ജാതി മത സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാലും കുട്ടികളെ വളരെയധികം സ്നേഹിക്കുക കുട്ടികൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനമുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും കുട്ടികൾ നിഷ്കളങ്കരാണ് ഈ ലോകത്തിൻ്റെ കപടതകളൊന്നും അറിയാത്തവരാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീധരമേനോൻ തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മാമ്പഴം എന്ന കവിതയിൽ പറഞ്ഞത് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ കുട്ടികൾ ഈശ്വരന്മാരാണ് ബാലശാപം കാലു പിടിച്ചാൽ പോവില്ല എന്നാണ് ബാക്കി ഏത് ശാപങ്ങളും നമുക്ക് മാപ്പപേക്ഷിച്ചാൽ പോകും പക്ഷേ ബാലശാപം കാല് പിടിച്ചാലും കൂടിയും പോവില്ല എന്നാണ് അത്ര ശക്തമായിട്ട് പറയേണ്ടത് കാരണം അവർ നിഷ്കളങ്കരാണ് അതുകൊണ്ടുതന്നെ കുട്ടികളെ വാത്സല്യത്തോടുകൂടി കരുണയോടുകൂടി ഈശ്വരനായിട്ടുണ്ടെ കാണുക കുട്ടികൾ ഈശ്വരന്മാരാണ് എന്ന സങ്കല്പം ലോകം മുഴുവനുണ്ട് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരമാണ് ഈ ഒരു കുട്ടിത്വത്തിനെ ഈ ഒരു ഒരു വാത്സല്യം കലർന്ന ഒരു ഈശ്വരത്വം കുട്ടികൾക്ക് കരുണ കലർന്ന ഒരു ഈശ്വരത്വം കുട്ടികൾക്ക് നമ്മൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് എല്ലാ സ്ഥലത്തും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഏത് ദൈവസങ്കല്പം നോക്കിക്കഴിഞ്ഞാലും കുട്ടികൾ കുട്ടിയായിട്ടുള്ള ഒരു പ്രാധാന്യം നമുക്ക് കാണാം ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥൻ്റെ നോക്കുക സ്ഥിതി നോക്കുക ഏറ്റവും കൂടുതൽ ഭക്തരുള്ള ഒരു ഈശ്വര സങ്കല്പമാണ് കൃഷ്ണൻ കൃഷ്ണനെ ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല പ്രത്യേകിച്ച് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭക്തിയാണ് നമുക്ക് അദ്ദേഹത്തിനോട് എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇത്ര കൃഷ്ണഭക്തരായത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം കൃഷ്ണൻ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ബാലലീലകൾ കാണിച്ച ഈശ്വര സങ്കല്പമാണ് കൃഷ്ണൻ ബാക്കിയൊരു ശിവനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു ഈശ്വര സങ്കല്പമാണെങ്കിലും കുട്ടിയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ബാലലീലകൾ കാട്ടി നമ്മളെ ആഹ്ലാദിപ്പിച്ചിട്ടുള്ള മറ്റൊരു സങ്കല്പില്ല എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ കാണിച്ചത് കുട്ടികളാണ് ഈശ്വരന്മാർ കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കൂ കുട്ടികളെ സ്നേഹിച്ചാൽ കുട്ടികളിൽ ഈശ്വരത്വം നിങ്ങൾ കൽപ്പിച്ചാൽ സാക്ഷാൽ ഈശ്വരനെ ആയിട്ട് നിങ്ങൾക്ക് സംവേദിക്കാം നിങ്ങൾക്ക് ഈശ്വരനെ മനസ്സിലാക്കാം എന്ന ഒരു തത്വം നമ്മളെ മനസ്സിലാക്കിത്തരാനാണ് ഇത്രയധികം ബാലലീലകൾ ഭഗവാൻ ആടിയത് ശ്രീകൃഷ്ണനെ വലിയൊരാളായിട്ട് ഭഗവത്ഗീത ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണനേക്കാൾ ഭാര്യമാരോടൊത്ത് ജീവിക്കുന്ന ശ്രീകൃഷ്ണനേക്കാൾ രാസക്രീടെ നടത്തുന്ന ശ്രീകൃഷ്ണനേക്കാൾ രാധയോട് നടക്കുന്ന ശ്രീകൃഷ്ണനേക്കാൾ കുട്ടിയായിട്ടുള്ള ഉണ്ണിക്കണ്ണനെയാണ് എല്ലാവർക്കും ഇഷ്ടം ആ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭക്തി ഒരു വാത്സല്യം കലർന്ന ഭക്തിയാണ് നമുക്കറിയാം കൃഷ്ണനെ ആ കൃഷ്ണ എന്നുള്ള വിളി നമ്മൾ നടത്തുമ്പോൾ തന്നെ ഗുരുവായൂരൊക്കെ പോയിട്ട് നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ തന്നെ മറ്റുള്ള ഈശ്വരനെ വിളിക്കണ പോലെയല്ല നമ്മൾ കൃഷ്ണ എന്നു വിളിക്കുന്നത് ഒരുതരം വാത്സല്യം കലർന്ന ഭക്തിയാണ് അവിടെ വരുന്നത് അപ്പോൾ കുട്ടികളെ ഈശ്വരനായിട്ട് കാണുന്നു കുട്ടി ഈശ്വരനാണ് ആ കുട്ടികളോടുള്ള താല്പര്യം കുട്ടികളോടുള്ള ആ ഒരു എരുമാറ്റം കുട്ടിത്വത്തിനെ നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നതിൻ്റെ ഒരു മഹത്വം ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സങ്കല്പമാണ് കൃഷ്ണ അതുകൊണ്ടുതന്നെ നല്ലൊരു ശതമാനം ആൾക്കാരും പ്രത്യേകിച്ച് സ്ത്രീകൾ കൃഷ്ണഭക്തരാണ് കൃഷ്ണൻ കുട്ടിയായതുകൊണ്ടാണവിടെ അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ട് ഈ ഒരു സങ്കല്പം തന്നെയാണ് ബുധനിലേക്കും നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു രസകരമായ കാര്യം ജ്യോതിഷത്തിലെ കൃഷ്ണനെ ചിന്തിക്കുന്നത് ബുധനെക്കൊണ്ടാണ് കൃഷ്ണൻ എന്ന സങ്കല്പത്തിനെ പറ്റി കൃഷ്ണ ഭഗവാനെ പറ്റി ചിന്തിക്കുന്നത് ബുധൻ എന്ന ഗ്രഹത്തിനെക്കൊണ്ടാണ് അവതാരങ്ങളൊക്കെ അതിൽ പെടും കൃഷ്ണനും ബുധനെക്കൊണ്ടാണ് വിഷ്ണുവല്ല ഉദ്ദേശിച്ചത് വിഷ്ണു വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുക വിഷ്ണുവും കൃഷ്ണനും വ്യത്യാസം ഉണ്ട് നമുക്കറിയാം വിഷ്ണു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാസങ്കല്പം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവതാരം ബാലരൂപത്തിൽ നമ്മളെ രസിപ്പിച്ച ഇപ്പം ഈ ബാലലീലകളൊക്കെ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല എത്രയോ തവണ കേട്ടിരിക്കണോ എന്നാലും അതിനൊരു മടുപ്പ് നമുക്ക് തോന്നുന്നില്ല അതിന് കാരണം ഈ കുട്ടികളോടുള്ള വാത്സല്യമാണ് വാത്സല്യം കലർന്ന ഭക്തി ഉണ്ണി യേശു ലോകം മുഴുവനുള്ള ഒരു സങ്കല്പം തന്നെയാണ് ഉണ്ണി യേശു ഏത് മതം എടുത്തു കഴിഞ്ഞാലും ഏത് സങ്കല്പം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ കുട്ടി സങ്കല്പത്തിലുള്ള ഒരുപാട് സങ്കല്പങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായിട്ടുള്ള കുട്ടികളെ ഈശ്വരനായിട്ട് കാണുക കുട്ടികളെ ഈശ്വരത്തിലേക്ക് എത്തിച്ചവരോട് പ്രാർത്ഥിക്കുക എന്ന സങ്കല്പത്തു നിന്നാണ് ബുധൻ എന്ന ഗ്രഹം നമ്മൾ നമ്മുടെ നവഗ്രഹങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് അടുത്ത ദിവസം പറയാം നമസ്കാരം